നിങ്ങൾ സ്ത്രീകളെ വിവാഹമോചിതയാക്കുകയും അവർ അവരുടെ യുദ്ധക്കാലം പൂർത്തിയാക്കുകയും ചെയ്താൽ അവരെ മാന്യമായി കൂടെ നിർത്തുകയോ അല്ലെങ്കിൽ മാന്യമായി വിട്ടു ചെയ്യുക ഉപദ്രവിക്കാനായി അവരെ കൂടെ നിർത്തരുത് അങ്ങനെ ചെയ്യുന്നവൻ സ്വന്തം ആത്മാവിനെയാണ് അക്രമിച്ചത് അല്ലാഹുസുബഹാനഹൂവ തഴാലായുടെ ദൃഷ്ടാന്തങ്ങളെ നിങ്ങൾ പരിഹാസമാക്കി മാറ്റരുത് അല്ലാഹു സുബഹാനഹൂവ തഴാല നിങ്ങൾക്ക് നൽകിയ അനുഗ്രഹത്തെക്കുറിച്ചും അവൻ നിങ്ങൾക്കിറക്കിക്കൊടുത്ത വേദത്തെയും ജ്ഞാനത്തെയും കുറിച്ചു ഓർക്കുക അതിലൂടെ അവൻ നിങ്ങൾക്കുപദേശം നൽകുന്നു നിങ്ങൾ അള്ളാഹു സുബഹാനുഹൂവത്ത് ആയാലയെ ഭയപ്പെടുക അള്ളാഹു സുബഹാനഹുവത്തായാല എല്ലാ കാര്യങ്ങളെക്കുറിച്ചും വലിയ അറിവുള്ളവനാണെന്ന് മനസ്സിലാക്കുക